സ്നേന്ദ്രമുരം സംഗീത സത്യ ഗീത ംഭ ചന്തഷത് സാമവേദത്തിന്റെ ഒരാമണ ഭാഗമാണ് ഇത് മറ്റ് ഉപനിഷാഷ്യങ്ങളെ പോലെ തന്നെ ഇതിനും ഭാഷകാരനും ഒരു ഭൂദ്ഘാതം രചിച്ചിട്ടുണ്ട് ഈ പുൻഷത്ത് വളരെ വലുതാണെങ്കിലും ഇതിന്റെ അവസാനത്തെ മൂന്ന് അധ്യായ മൊത്തം എട്ട് അധ്യായങ്ങളുള്ളതിൽ അവസാനത്തെ മൂന്ന് അധ്യായങ്ങളിൽ മാത്രമാണ് നിർഗുണഭ്രമത്തെക്കുറിച്ചുള്ള ചർച്ച വരുന്നു കൂടുതലും ഉപാസനാണ് ഇതിനു മുമ്പും വരുന്നുണ്ടോ ഒന്നുകളുടെ അധ്യായങ്ങൾ ഭാഷകാരം വ്യാഖ്യാനിച്ചിട്ടില്ല അവിടെയും ഉപാസനയെ ചർച്ച ചെയ്യുന്നത് സാധാരണ മറ്റു പനിഷത്തുകളെ പോലെ തന്നെ കർമ്മകാണ്ഡം അതിനെ തുടർന്നാണ് ഉപാസന കണ്ടം വരുന്നത് അത് കഴിഞ്ഞ് ജ്ഞാനകാന്ഡം ഇവിടെയും അങ്ങനെയാണ് ഇതിന് തൊട്ടുമുമ്പ് ചർച്ച ചെയ്യുന്നത് സോമവേദത്തിൽ സോമയാഗം പോലെയുള്ള യാഗങ്ങളെ ചർച്ച ചെയ്യും അത് ഉപാസന ഇവിടെ ഭൂദ്ഘാതത്തിൽ ഭാഷകാലം പറയും ഉപാസനകൾ കർമ്മത്തോട് ബന്ധപ്പെട്ട കർമ്മത്തോട് ബന്ധപ്പെട്ടതാണെങ്കിൽ എന്തിനു വ്യാഖ്യാനിക്കണം ഒരു സമാധാനം പറയുന്നു കാരണം ഉപാസനയും തത്വജ്ഞാനവും തമ്മിൽ സമാനതയുണ്ട് രണ്ടും മാനസികമാണ് കർമ്മം അങ്ങനെ കർമ്മത്തിന് മാനസികമായ ഭാവമുണ്ട് മാനസിക കർമ്മമുണ്ട് പക്ഷേ അവിടെ ബാഹ്യമായി ചെയ്യേണ്ടതുണ്ട് കായികമായ കർമ്മങ്ങളുമുണ്ട് ഉപാസന എങ്ങനെയാണ് കേവലം മാനസികമായ സങ്കല്പങ്ങൾ ഉപാചം ധേനു ഉപാസീത എന്ന് പറഞ്ഞാൽ വാക്കിനെ ധേനുവായി സങ്കല്പിക്കുക മാനസികമായ സങ്കല്പം മാത്രം അതുപോലെ പലതരത്തിലുള്ള भावन अब वे संगल उपासन ऐकाग्रा भावन वेण कर्म यजमा वे उपासन अद्गीतपासन उदाता यजमा वेति ഇതിരിടത്ത് ഉപാസന യജമാനം ചെയ്യുകയാണ് ഇത്തരം ധ്യാന ഭാവനകൾ ഇതിന്റെയെല്ലാം ഫലം ഒന്ന് മുഖ്യമായും പറയുന്നത് ആ കർമ്മഫലത്തിന്റെ പൂർണ്ണത പൗഷ്കല്യം കർമ്മഫലം ഓരോ കർമ്മത്തിനും അതാത് ഫലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഫലസമൃദ്ധി അതാണ് ഉപാസനയുടെ ഫലമായി പറയുന്നു എന്നാൽ ആ ഉപാസനകൾക്ക് തന്നെ മറ്റ് ഫലങ്ങളുമുണ്ട് ഇവിടെ പറയുന്നു ഹിരണ്യഗർഭപ്രാപ്തി വരെയുള്ള ഫലങ്ങൾ ദക്ഷിണായന ഉത്തരായ എന്ന മാർഗത്തിലൂടെയുള്ള ഫലപ്രാപ്തി അതും ഉപാസനയുടെ ഫലമായി പറയുന്നു ഉപാസനകൾ നിഷ്കാമമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിന്റെ ഏകാഗ്രതക്ക് സഹായിക്കുന്നു എന്നും പറയുന്നു ഇതെല്ലാം വൈദികമായ ഉപാസനകളെ സംബന്ധിച്ചാണ് വൈദികമായ ഉപാസനകൾ വൈദിക കാലത്തിലേ നടന്നിട്ടുള്ളു സമ്പർക്ക വിദ്യ വിദ്യ വിദ്യ പറയുന്നതെല്ലാം ഉപാസന എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഈ സന്ദർഭത്തിലല്ല വിദ്യാശ്രദ ഉപാസന എന്നുള്ളത്ഥത്തില വൈദിക കർമ്മങ്ങളോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് വൈദികധർമ്മം അനുഷ്ഠിക്കുന്നവർ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരിലാണ് ഈ ഉപാസനകളെല്ലാം ഇന്നത്തെ ഉപാസനകളുമായിട്ട് ഇതിന് ബന്ധമില്ല ഇവിടെ പറയുന്ന ഉപാസനകൾ ദേവത ഉപാസന ഗുരു ഉപാസന അതൊന്നുമില്ല ഇവിടെ ചർച്ച ചെയ്യുന്നു അത് ദൈവതോപാസനയും മറ്റും പൗരാണികം ആണ് ഇരണ്യൂർക്ക് ഉപാസനയും മറ്റും വൈദികവും രണ്ടും രണ്ടാണ് അത് കാലം കൊണ്ടുവന്ന മാറ്റം ശാസ്ത്രത്തിൽ വന്ന മാറ്റം ഉപദേശങ്ങളിൽ വ്യത്യാസം വരുന്നു രണ്ടും രണ്ടാണ് ഉപാസനകൾ ആധ്യാത്മികമായി പ്രയോജനമില്ലാത്തതെന്നുണ്ടോ പറയുന്നു അതിന് പ്രയോജനമുണ്ട് പക്ഷെ അത് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് അതിന്റെ അനുഷ്ഠാനത്തിന് വലിയ പ്രസക്തി ഇല്ലാതെ വരുന്നു എന്നാലും ചില ഉപാസനകളൊക്കെ ഓങ്കാർ ഉപാസന പോലെയുള്ള ഉപാസനകളൊക്കെ ഇന്നും നിലവിലുള്ളതാണ് അതിന്റെ മാറ്റം വന്നൊന്നേ ഉള്ളൂ പക്ഷെ ഇന്നും അത്ര ഉപാസനകളും നിലവിലുണ്ട് ഉപാസനയും തത്വശ്രവണവും തമ്മിൽ വ്യത്യാസമുണ്ട് തത്വശ്രവണമൊഴികെ ബാക്കിയുള്ളതല്ല മാനസിക വ്യാപാരങ്ങളും വൈദികമായി പറഞ്ഞാൽ ഉപാസനയിലാണ് ഉപാസന കൊണ്ട് മനസ്സേകാഗ്രമാകുന്നു എന്താണോ അതിന്റെ ഫലം നിർദ്ദേശിച്ചിരിക്കുന്നത് ആ ഫലവും ലഭിക്കും ഉപാസന കൊണ്ട് തത്വശ്രവണത്തിൽ തത്വപ്രകാശം അത് മാത്രം അതാണ് അതിന്റെ ഫലമായി പറയുന്നത് മുഖ്യഫലം രണ്ടും രണ്ട് കാര്യങ്ങളാണ് പഴയ സമ്പ്രദായം തുടങ്ങുന്ന സ്വാധ്യായത്തിൽ ഗുരുമുഖത്ത് നിന്ന് വേദം ചൊല്ലിക്കഴിക്കുക അങ്ങനെ നാക്കിൽ ഉറപ്പിക്കുക മനസ്സിലുറപ്പിക്കുക അഭ്യാസം അതൊരു പാസനയാണ് വേദ സ്വാധ്യായം എന്ന് പറയുന്നത് ഒരുപാസനയാണ് അതിന് അർത്ഥബോധം വേണമെന്ന് നിർബന്ധമില്ല അർത്ഥബോധത്തോടു കൂടിയാകാം പിന്നീടതിന് ആദ്യം അഞ്ചാമത്തെ വയസ്സിൽ കുന്നയനും ചെയ്ത് വേദം ചൊല്ലുമ്പോൾ അർത്ഥം ധരിക്കാൻ പ്രയാസം സാമാന്യമായി കഴിയും ശങ്കരാചാര്യ പോലെയുള്ള പ്രതിഭാശാലികളൊക്കെ ആണെങ്കിൽ ആ സമയത്തും അർത്ഥം ധരിക്കും പക്ഷെ സാധാരണ ജീവന്മാർക്ക് അത് സാധിക്കില്ല അപ്പൊ കേവലം അതൊരുപാസനയാണ് വേദോപാസന സ്വാധ്യായത്തെ അങ്ങനെ പറയും വേദോപാസനയാണ് അതിന് ഫലമുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് മീമാംസ അർത്ഥവിചാരം അത് രണ്ടായിട്ട് ധർമ്മമീമാംസ ജ്ഞാനമീമാംസ വിചാരം ത്തിനാണ് ശ്രവണം സഹായിക്കുന്നത് നമ്മളിപ്പോ ഈശം കേനം കഠം കുണ്ടകം മണ്ഡൂത്യം തൈത്തരിയും വൈത്തരേയും ഇത്ര പുനിഷത്തുകൾ ഇവിടെ എന്താണ് തത്ത്വശ്രവണം വേദത്തിൽ പഠനമെന്ന് പറയുന്നത് സ്വാധ്യായത്തെയാണ് പഠനം എന്ന് പറയുന്നത് പഠ വ്യക്തായം വാചി പഠിക്കുക ഗ്രഹിക്കുക ഉച്ചരിക്കുക രണ്ടും പഠനമാണ് മുഖ്യമായും ഉച്ചരിക്കുന്നതാണ് വേദം ചൊല്ലുന്നതാണ് പഠനം വ്യക്തമായ വാചി എന്ന് വെച്ചാൽ വ്യക്തമായി പറയുക നമ്മൾ സാറിന് പഠിക്കാന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഇവിടെ ശ്രവണമെന്ന് പറയുന്നത് ശരിക്കും അന്റെ സാങ്കേതികമായ രീതിയിൽ അത് പഠനമാണ് ശബ്ദം കേട്ട് ഉറപ്പിച്ച് ചൊല്ലിക്കഴിഞ്ഞാലേ അത് പഠനമാവും ഇന്നത്തെ പഠനമുണ്ട് സ്കൂൾ പഠനത്തെ കുറിച്ചല്ല ഞാൻ പറയും വൈദികമായ പഠനത്തെ കുറിച്ച് പറയുക സ്വാധ്യായം അല്ലെങ്കിൽ പാരായണമെന്ന് പറയും എല്ലാ ദിവസവും നമ്മളിത് ചൊല്ലുന്നു ഉപനിഷത്ത് ചൊല്ലുന്നു അപ്പൊ അത് പഠനമാകും അതിന്റെ പഠനമെന്ന് അതല്ല ശ്രവണം വക്താവ് ആ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു ശ്രോതാവും ആ തത്വം പ്രകാശിക്കുന്നതാണ് ശ്രവം മനനം നിത്യാസനം രണ്ടും രണ്ടാണ് എന്നാൽ നമ്മൾ സാധാരണ നമ്മുടെ സംസ്കാരം നമ്മൾ പറയും ഉപനിഷത്ത് പഠിക്കുന്നു പഠിപ്പിക്കുന്നു അത് പൂർണ്ണമായും ശരിയല്ല പിന്നെ ശ്രവിക്കുന്നു തത്വം ഉപനിഷത്ത് ശ്രവിക്കുന്നു ഭാഷയിൽ ശ്രവിക്കുന്നു അയാൾക്ക് കേവലം ശബ്ദജ്ഞാനമേ ഉണ്ടാവുന്നുള്ളൂ അങ്ങനെ സംഭവിക്കുന്നുണ്ട് പറയുന്നത് കേൾക്കുന്നുണ്ട് അർത്ഥബോധം ഉണ്ടാവുന്നില്ല എങ്കിലത് പഠനം തന്നെ അങ്ങനെ പഠനമെന്ന് പറയും അതിനോട് ശബ്ദം ഗ്രഹിക്കുന്നുണ്ട് ഇനി ഒരാൾക്കതിനെ വീണ്ടും പ്രകാശിപ്പിക്കാനും കഴിയും ശബ്ദത്തെ അർത്ഥത്തേ അങ്ങനെ സംഭവിക്കും പറയാനില്ല തത്തമ്മ പൂച്ച പൂച്ച അതുപോലെ ഇത് ആവർത്തിക്കാൻ കഴിയും കേൾക്കുന്ന നമുക്ക് ആവർത്തിക്കാൻ കഴിയും അതിനർത്ഥബോധം വേണമെന്നില്ല ശബ്ദത്തെ കേൾക്കുന്നു അത് ആവർത്തിക്കുന്നു അതിന് നമ്മളെ സഹായിക്കുന്ന സ്മൃതി ജ്ഞാനമല്ല സ്മരണം കൊണ്ടാൻ സാധിക്കും സ്വാധ്യായത്തിൽ എന്താണ് ഇതെല്ലാം നമ്മുടെ സ്മൃതിയിലിരിക്കും നാക്കിന്റെ അഭ്യാസ രൂപത്തിൽ സ്മൃതിയിലിരിക്കും വേദം മുഴുവൻ അല്ലെങ്കിൽ സ്വാധ്യായം വൈദികന്റെ സ്മൃതിയിലുണ്ട് അത് ആനുപൂർവീ ക്രമം എന്ന് പറയും അഗ്നിയും ഇളയും എന്ന് ആ ക്രമത്തിൽ തന്നെ അത് സ്മൃതിയിലിരിക്കണം എന്നിട്ടതിനെ പുറപ്പെടുവിക്കും ഇവിടെയും നമ്മൾ ഉപനിഷ തത്വത്തെ ശ്രവിക്കുമ്പോൾ ആ തത്വപ്രകാശനം എന്നത് സംഭവിച്ചില്ലെങ്കിൽ അത് കേവലം ഉപാസനയാവും എന്തുകൊണ്ട് ശബ്ദത്താഗ്രഹിക്കും കുറെ ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും ആ ശബ്ദം നമ്മുടെ സ്മൃതിയിലിരിക്കുന്നു ആ ശബ്ദത്തെ നമ്മൾ വീണ്ടും പ്രകാശിപ്പിക്കും ഇതിന് ഉപാസന എന്തുകൊണ്ട് പറയുന്നത് എന്താണ് പറയുന്നത് ശബ്ദ അനുകരണമാണ് ശബ്ദാനുപൂർവീട്ട അനുകരണം അത് കൃത്യമായി വേദത്തെ പോലെ നമുക്ക് ആവർത്തിക്കാൻ കഴിയില്ല എന്നാലും നമ്മൾ കുറെ ശബ്ദത്തെ ഗ്രഹിക്കുന്നു ശരിയായ അർത്ഥബോധം വേണമെന്നല്ല നമ്മൾ വീണ്ടും അത് വേറെ ബോധിപ്പിക്കുന്നു അതുവരെ വ്രതം പോലെ തപസ് പോലെ അനുഷ്ഠാനം പോലെ ചെയ്ത് അതന്നെ ഉപാസനയാവും തത്വം ശ്രവിക്കുന്നതുകൊണ്ട് മാത്രം ഒരാൾ ശരിയായ ശ്രവണം സംഭവിക്കണമെന്നില്ല അല്ലെ നമ്മളിപ്പോ ശാസ്ത്രത്തെ സമീപിക്കുന്നു അത് രണ്ടു തരത്തിൽ സമീപിക്കും ഒന്ന് പ്രധാനമായിട്ടും ശാസ്ത്രജ്ഞാനം അതിനുവേണ്ടിട്ട് ശാസ്ത്രജ്ഞാനം എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ടവിടെ ഉദ്ദേശിക്കുന്ന ശബ്ദജ്ഞാനം തത്വപ്രകാശനമെന്ന് ശബ്ദജ്ഞാനം അതിലും ഒരു ഏകദേശമായ അർത്ഥബോധത്തോടു കൂടി ശബ്ദം ധരിക്കും നാനാശാസ്ത്രങ്ങൾ അഭ്യസിക്കും ശാസ്ത്ര താത്പര്യത്തെക്കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടാവും ഈശം കേനം കടം എന്നിങ്ങനെ വിപനിഷത്തുകളെല്ലാം കുറിച്ച് നമുക്ക് സാമാന്യജ്ഞാനമുണ്ടാവും അതിന് ശാസ്ത്രജ്ഞാനം എന്ന് പറയും പാണ്ഡിത്യം എന്ന് പറയുന്ന ശബ്ദത്തിന് അങ്ങനെയൊരു അർത്ഥമുണ്ട് പാണ്ഡിത്യ ശബ്ദത്തിന്റെ അർത്ഥം ഭാഷകാരം പറഞ്ഞത് ആത്മജ്ഞാനമാണ് പാണ്ഡിത്യം പക്ഷേ ശബ്ദജ്ഞാനത്തിനേം പാണ്ഡിത്യം എന്ന് പറയും അപ്പോൾ ഉപനിഷ വേദത്തെ വൈദികന്മാരെ സമീപിക്കുന്ന പാണ്ഡിത്യത്തിന് വേണ്ടിയിട്ടാണ് കാരണം അവർക്ക് ശരിയായ വൈദിക ശബ്ദങ്ങളുടെ ജ്ഞാനം വേണം അത് ഉച്ചരിക്കണം കർമ്മത്തിനും ഉപനിഷത്ത് അങ്ങനെയല്ല ആ ശബ്ദജ്ഞാനത്തിന് വേണ്ടിയിട്ടുണ്ട് അവിടെ പാണ്ഡിത്യം എന്ന് ആത്മജ്ഞാനമാണ് ശബ്ദജ്ഞാനല്ല വേദത്തെ അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാണ്ഡിത്യം ഉണ്ടാകും ശബ്ദജ്ഞാനം കൂടും അതിനെ നമ്മൾ സാറിന് പറയുന്നത് അറിവ് പഠിച്ച് അറിവുണ്ടായിന്ന് പറയും അതിന്റെ പ്രാഥമികമായ അർത്ഥം അതാണ് നമുക്ക് ഒരുപാട് ശബ്ദജ്ഞാനം ഉണ്ടായി പിന്നെ അതിനെ സ്മരിക്കുന്നു അതിനെ പ്രകാശിപ്പിക്കുന്നു ഉപനിഷത്ത് തന്നെ അതിനെ നിഷേധിക്കും ഞാനുദ്ധ്യായ ശബ്ദ വാചോ വിഗ്ലാപനം ഹിതത്വം ശ്രുതി എന്നാട് ശബ്ദത്തെ അനുസന്ധാനം ചെയ്തത് അത് വാഗേന്ദ്രിയ ക്ഷീണിപ്പിക്കും കാരണം ഇതിന് ധരിക്കുന്നതിന് പറയുന്നതിന് വേണ്ടി ധരിക്കുക പറയുക അത് വാഗേന്ദ്രിയ ക്ഷീണിപ്പിക്കും അതുകൊണ്ട് കാര്യമൊന്നുമില്ല ശ്രവണം അതിനു വേണ്ടിയിട്ടല്ല ശ്രവണം തത്വപ്രകാശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മളെ സങ്കല്പിക്കുന്നതുപോലെ നമ്മുടെ അറിവ് വർദ്ധിക്കത്തില്ല അതുകൊണ്ട് അവിടെ എന്താ വർദ്ധിക്കുന്നത് വിവേകം മാത്രം ഈ വിവേകമെന്ന് പറയുന്നത് നാനാത്ത വിജ്ഞാനമല്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അത് നാനാത്വ്ഞാനാണ് അറിവ് വർദ്ധിച്ചു അത്തരം അറിവെന്ന് പറയുന്നത് പരീക്ഷയ്ക്കുള്ളൂ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു അവസാനം എന്തൊക്കെ പഠിച്ചു എന്നറിയാൻ വേണ്ടി ഒരു പരീക്ഷ നടത്തുന്നു മതി പാസ്സാകും അതൊക്കെ ശബ്ദജ്ഞാനത്തിന്റെ പ്രയോജനമാണ് ഇവിടെ അതല്ല ഇവിടെ വിവേകമാണ് ഇതിന്റെ പ്രയോജനം വിവേകം മാത്രമേ ഇത് പ്രയോജനമായിട്ടുള്ളൂ വേറെ ഒന്നുമില്ല എന്ത് അത് സംഭവിക്കാത്തോളം കാലം ശാസ്ത്രാധീതി നിഷ്ഫല ശാസ്ത്രാധ്യയനം വ്യർത്ഥമായി തീരും അതുകൊണ്ട് ശാസ്ത്രം തന്നെ പറയുന്നു ശാസ്ത്രാധ്യയനം വ്യർത്ഥമാണ് അതിന്റെ താല്പര്യം അതാണ് അല്ലെങ്കിൽ വ്യർത്ഥമായിത്തീരും എല്ലാ ദിവസവും ശ്രമിക്കുന്നു അല്ലെങ്കിൽ സ്വയം ഒരാൾ സ്വാധ്യായം ചെയ്യുന്നു പാരായണം ചെയ്യുന്നു പുരുഷത്വ പാരായണം ചെയ്യുന്നു അല്ലെങ്കിൽ ഭാഷ്യപാരായണം ചെയ്യുന്നു അത് നിഷ്പ്രയോജനമല്ല പക്ഷെ അതെല്ലാം മന്ദമായ സാധനങ്ങൾ എന്നാ പറയുന്നത് പാരായണവും അതിനൊക്കെ പ്രയോജനങ്ങൾ പറയുന്നു പക്ഷെ അതുകൊണ്ട് വിവേകം ഉണ്ടാവണമെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന അതാണ് വിവേകമാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് ഭയാശങ്കക്കൊന്നും ഇടയില്ല ഈ ശബ്ദജ്ഞാനം അങ്ങനെയല്ല അത് ഭയാശങ്കകളൊക്കെ ഉണ്ടാകും ഒരുപാട് ശബ്ദം ധരിച്ചു കഴിഞ്ഞാൽ അതിലഭിമാനം തോന്നും അഹന്ത ഉണ്ടാകാം അതൊക്കെ ഉണ്ടാകും ആവശ്യം വിവേകത്തിന് അങ്ങനെയില്ല വിവേകം എന്ത് ചെയ്യുന്നു ആ വിവേകത്തെ നശിപ്പിക്കുന്നു അതിൽ ദോഷങ്ങളൊന്നുമില്ല തത്വശ്രമണം കൊണ്ട് ആ വിവേകം സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശാസ്ത്രചർച്ച വ്യർത്ഥം പിന്നെ അതിന് അതിനെ ഒരാൾ അതിനൊരാൾക്ക് മറ്റ് പിൻബലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതിൻ്റെതായ പ്രയോജനങ്ങൾ ഉണ്ടാവും മറ്റ് പിൻബലം എന്ന് പറയുമ്പം വിവേക വൈരാഗ്യാദികളുടെയൊക്കെ പിൻബലം ഉണ്ടെങ്കിൽ സമ്മതമാദികളുടെയൊക്കെ പിൻബലം ഉണ്ടെങ്കിൽ അത് ഗുണഫലത്തെ ചെയ്യും ഉപാസനാമുണ്ട് അല്ലെങ്കിൽ അത് ദോഷത്തെ ചെയ്യും ആ ശ്രവണത്തിൽ നിന്ന് തത്വബോധം ഉണ്ടാവണമെങ്കിലോ അത് ജീവന്റെ സ്വപ്രിയന്നുകൊണ്ട് മാത്രം സാധ്യമു ഈശ്വരാനുഗ്രഹം വേണം ഗുരുവിന്റെ അനുഗ്രഹം വേണം അത് പറയുന്ന സാധനകളെല്ലാം ഉണ്ടായിരിക്കണം ഇത് രണ്ടുപേർക്കും ബാധമാണ് വക്താവിനും ശ്രോതാവിനും ഒരുപോലെ വാദമാണ് എല്ലാ ശ്രോതാക്കളെ സംബന്ധിച്ച് പറയുന്ന നിയമങ്ങളൊന്നും ഉണ്ടല്ലോ ഒരു വക്താവിനെ സംബന്ധിച്ച് ആ തത്വത്തെ പ്രകാശിപ്പിക്കണമെങ്കിലും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ പറ്റും ശ്രോതാമനോ എന്റെ ഉള്ളിലാത്തത്വം പ്രകാശിപ്പിക്കണമെങ്കിലും അതുണ്ടായാലേ പറ്റും അതില്ലാതെ അല്ലെങ്കിൽ വെറും ശ്രദ്ധ അനുകരണമാകും വേദംചൊല്ലുന്നത് പോലെ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഭയയാശങ്കകളൊന്നും വേണ്ട കഴിഞ്ഞ ദിവസം എന്നൊരാൾ ഓർമ്മിപ്പിച്ചു എന്താണ് അറുന്നൂറ് ക്ലാസ് കഴിഞ്ഞു അറുന്നൂറ് ചർച്ച കഴിഞ്ഞു എന്നാണ് അതൊരു വലിയ കാര്യം പ്രത്യേകിച്ചും എന്നെപ്പോലെ ഒരാള് ഈ അറുന്നൂറ് എത്തിക്കാന്ന് പറയുന്നത് മഹാത്ഭുതങ്ങളിലൊന്നാണ് എന്നെ സംബന്ധിച്ച് നൂറ് എത്തിക്കാനും പ്രയാസമുള്ള കാര്യമാണ് എന്നാലും എങ്ങനെയാത് അറുന്നൂറ് പേരെ എത്തി പക്ഷെ ഇത് പഠിക്കാനും മനഃപ്പാഠം ചെയ്യാനും ഉള്ളതല്ല ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുമ്പോട്ട് പോവാൻ ഞാൻ ആരെയും ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല ആരും എന്നിൽ നിന്നും ഒന്നും പഠിച്ചിട്ടുമില്ല രണ്ട് സംഭവിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കുക ഇപ്പോ അറുനൂറ് ക്ലാസ്സുകളിലൊരു പരീക്ഷ നടത്തി ഇവിടെ എത്ര പേര് പാസ് ആവും ഞാൻ ഉൾപ്പെടെ എല്ലാരും ഫെയിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഫെയിലാവുന്നത് കാരണം എന്ത് പറഞ്ഞെന്നുള്ള എനിക്കും ഓർമ്മയില്ല അപ്പൊ പിന്നെ കേട്ടവരുടെ സ്ഥിതി എന്തായിരിക്കും അപ്പൊ ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല അത് മനസിലാക്കണം ആദ്യം ഓർത്തു വെച്ച് പറയാനുള്ള കാര്യങ്ങളും എന്താ ഉപനിഷത്തിനെ കുറിച്ച് എന്താ പറയുന്നത് ഇത് ഈശ്വരന്റെ നിശ്വാസം പറയുന്നത് വേദത്തെ കുറിച്ച് ഈശ്വരന്റെ നിശ്വാസമായിട്ടാണ് ഇത് വേദം ഉപനിഷത്തല്ല ീശ്വരന്റെ നിശ്വാസമായി വന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കർത്തൃത്വം ഞങ്ങൾ ബ്രഹ്മസൂത്രത്തിലും ചർച്ച ചെയ്യുന്നു അത് ഈശ്വരനാണ് അപ്പോ അത് ഈശ്വരന് ഈശ്വരന്റെ കർത്തൃത്വ ഉള്ള ഒന്നിന് ജീവന് സ്വന്തമാക്കാൻ പറ്റത്തില്ല ഞാനവിടെ ഉദാഹരണം പറയുന്നുണ്ട് കാരണം ഈ പ്രപഞ്ചരചന അത് ഈശ്വരനെ സാധ്യമാവും ജീവന് സാധ്യമല്ല പ്രപഞ്ചരചന ഒരു ജീവന് സാധ്യമല്ല മണിമാതി ഐശ്വര്യസമ്പന്നന്മാരായ യോഗികൾക്ക് പോലും അത് സാധ്യമുണ്ട് നമ്മുടെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചു അപ്പോ ഈ വിദ്യോപനിഷദ്വിദ്യ അതെങ്ങനെ ജീവന് സാധ്യമോ ഇത് ആർക്കെങ്കിലും പഠിക്കാനോ പഠിപ്പിക്കാനോ സാധ്യമല്ല സ്വന്തമാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മളിത് വേദം തുടങ്ങുന്നത് എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടാണ് വേദാധ്യയനത്തിന്റെ പ്രാരംഭം എങ്ങനെയാണ് ഉപനയനം ചെയ്യുമ്പോ ഗായത്രി മന്ത്രമാണ് ഉപദേശിച്ചുള്ളത് അവിടെ പറയുന്നത് എന്താണ് ഈശ്വരൻ തത് സവിതു വരേണ്യം ഭർഗിയോ യോനഃ പ്രചോദയ എന്നാണ് ആ സവിതാവിലുള്ള ദിവ്യമായ ചേതസ് എന്നുവെച്ചാൽ ഈശ്വര ചൈതന്യം അതെന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് എന്നുവെച്ചാൽ ഇത് ഈശ്വരനിലൂടെ പ്രകാശിക്കേണ്ട അല്ലാതെ ജീവൻ ജീവനെ കുറിച്ച് എന്താ പറഞ്ഞത് അവദ്യാധീനനാണ് ആ വിദ്യ അധീനം അവന്റെ മനസ്സുൾപ്പെടെയുള്ള കർണങ്ങളെല്ലാം മായയ്ക്കധീനമാണ് അങ്ങനെ അധീനമായിരിക്കുന്ന ഈ കർണങ്ങളെക്കൊണ്ട് ഈ വിദ്യ ഗ്രഹിക്കാനോ ഗ്രഹിപ്പിക്കാനോ സാധ്യമാണ് അവിടെ പരമാവധി സാധിക്കുന്നതാണ് ഉപാസനം അതിന് വേറെ രീതിയിൽ പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞ ഭർത്തൃതന്ത്രം വസ്തുതന്ത്രം എന്നെല്ലാം പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്ന് പരാമർശിക്കുകയാണ് അപ്പൊ ജീവനെ സംബന്ധിച്ചുള്ളതെല്ലാം കടുത്ത തന്ത്രമാണ് അവന്റെ ഇച്ഛയും അവന്റെ പൗരുഷവും ചെയ്യാവുന്ന കാര്യങ്ങളെ പറ്റും അതിനപ്പുറം പറ്റത്തില്ല ജീവഭാവത്തിൽ ഒരാൾക്ക് ആത്മഭാവത്തെ പ്രകാശിപ്പിക്കാനോ അനുകാനോ സാധ്യമല്ല ഔപനിഷം ഉപനിഷിതമായ വിദ്യയാണ് അത് ജീവഭാവത്തിൽ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും സാധ്യമേയല്ല പഠന പാഠനങ്ങളെല്ലാം ഉപാസം അതിന്റെ സന്യാസിക്ക് അതൊക്കെ നിഷേധിച്ചിട്ടുകൂടിയുണ്ട് അതിന്റെ ആവശ്യമുണ്ട് പഠന പാഠനങ്ങളും ആവശ്യമില്ലാണെങ്കിൽ മറിച്ച് തത്വപ്രകാശനം അങ്ങനെയല്ല കാരണം ജീവൻ അവന്റെ അഹന്ത കൊണ്ട് അവന്റെ ഈ കർണങ്ങളെയൊക്കെ സ്വാധീനമാക്കി വയ്ക്കുമ്പോൾ അതിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ അതൊക്കെ ഉപാസനീയപ്പെടും പക്ഷെ ആത്മവിദ്യ അങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അത് ഈശ്വരപ്രോക്തമാണ് അതിനെങ്ങനെ ജീവനെ പ്രകാശിപ്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് ധിയോ യോന പ്രചോദയാകുന്നത് നമ്മുടെ ബുദ്ധിയെ ഈശ്വരം പ്രചോദിപ്പിക്കണം എന്ന് പറയുന്നതാണ് പറഞ്ഞില്ല എത്ര സൃഷ്ടനുപ്രാവിശ്യ രീതിയിൽ പറഞ്ഞ ബ്രാഹ്മീൻ സർവഭൂതാനി സർവ്വചരാചരങ്ങളിലും ഇരുന്ന് കൊണ്ട് ചലിപ്പിക്കുന്നു ചലിപ്പിക്കുന്ന ഈശ്വരനാണ് പക്ഷെ നമ്മളറിയുന്നില്ല നമ്മുടെ ചലനമായിട്ട് കണക്കാക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ നടക്കുന്ന എല്ലാ സത്കർമ്മങ്ങളുടെയും പിന്നിലൊരു സങ്കല്പമുണ്ട് ഒരു ദിവ്യമായ സങ്കല്പം അതനുസരിച്ചാണ് ഇതെല്ലാം നടക്കുന്നത് ഇവിടെ ഇരുന്ന് ആരെങ്കിലുമൊക്കെ സങ്കല്പിച്ച് വേണ്ടാതിരുന്നെങ്കിലും ചെയ്യുന്നുണ്ടാവും അത് അവനവന്റെ സങ്കല്പം അവനവന്റെ കർമ്മം അവന്റെ ഫലം പക്ഷെ ഇതിന്റെ പിന്നിലൊരു സങ്കല്പമുണ്ട് അങ്ങനൊരു സങ്കല്പം ഉണ്ടെന്ന് നമുക്ക് വിശ്വാസമുണ്ട് ഇത് തന്നെ നടക്കുന്നു ഇതിന്റെ പിന്നിലൊരു സങ്കല്പം ഉള്ളത് കൊണ്ടാണ് ഇത് ഇവിടെ നടക്കണം അങ്ങനൊരു സങ്കല്പമുണ്ടെന്ന് ഒരു വിശ്വാസം ഇവിടെയിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ കാണും പക്ഷെ അത് വിസ്മരിക്കും അത് വിസ്മരിച്ചിരിക്കുമ്പോഴാണ് ചിലപ്പോൾ ചിലരുടെ മനസ്സിൽ തോന്നുന്നത് ഏതോ ഒരു സ്വാമി വന്നിരുന്നുണ്ടോ വിവരൊക്കെയോട് പറയുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു സങ്കല്പം ഉണ്ടാകുന്നത് നടക്കുന്നത് എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു വിവേകം മനസ്സിലുണ്ടെങ്കിൽ പിന്നെ മനസ്സിൽ ആശങ്ക വരത്തില്ല ഇത് ഗുണത്തിനാണോ ദോഷത്തിനാണോ ഇതൊക്കെ നമ്മളെ നശിപ്പിക്കാനാണോ അത് നന്നാക്കാനാണോ അങ്ങനെ ഒരു സംശയം വരത്തില്ല ആരുടെ മനസ്സിലും വരത്തില്ല മറിച്ചാണെങ്കിൽ തോന്നുന്നു ഇതിന്റെയൊക്കെ ആവശ്യം എന്തോന്നാണ് ഇവിടെ ഇതിന്റെ ആവശ്യം എന്താണെന്ന് ചിലപ്പോൾ ചിന്തിച്ചു ആരെങ്കിലും ചിന്തിക്കും ഒരു വ്യക്തിയുടെ മനസ്സിൽ തന്നെ വരും ീ നമ്മളൊരു ഇത്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു മനസ്സിനത് മൂന്ന് തരത്തിലാണ് സ്വീകരിക്കുന്നത് സത്സംഗം ഒരു വ്യക്തിയുടെ മനസ്സൊക്കെ ഒരു സമൂഹത്തിന്റെ കാര്യം പറയുന്നുണ്ടോ അത് ചിലപ്പോ വളരെ ശ്രദ്ധാപൂർവനെ സ്വീകരിക്കും വളരെ ഭവ്യമായ ഭാവനയോടുകൂടി അതിനെ ഉൾക്കൊള്ളും ചില സമയം മനസ്സ് അതേ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ചില സമയം അതിൽ ഉദാസീനമാവും ഉദാസീനമായിപ്പോ അതേ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ചിലപ്പോൾ നിരാകരിക്കും തോന്നും ഇതൊക്കെ അസംബന്ധ പ്രലാപനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും ഇതൊരു വ്യക്തി തന്നെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരു സമൂഹത്തിന് സംഭവിച്ചു ചിലർക്ക് തോന്നും ഇത് ചിലരങ്ങനെ സ്വീകരി ഹൃദയപൂർവ്വ സ്വീകരി ചില ഉദാസീനന്മാരാവും കൊള്ളുന്നുമില്ല തള്ളുന്നുമില്ല ചിലരങ്ങനെ നിരാകരിക്കും ഇത് സംബന്ധമാണ് വ്യക്തിയുടെ സമൂഹത്തിന് സംഭവിക്കും പക്ഷെ ഇവിടെയൊക്കെ നമ്മളുടെ മനസ്സിൽ ധരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഇതിന്റെ പെഞ്ഞിൻ്റെ ഒരു ദിവ്യമായ പരിശുദ്ധമായൊരു സങ്കല്പമുണ്ട് അതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് ഈ സത്കർമ്മങ്ങളെല്ലാം നടക്കുന്നത് അതുകൊണ്ടാണ് എന്തെങ്കിലും മോശം നടക്കുന്നുണ്ടെങ്കിൽ താപനാമന്റെ സങ്കല്പം തന്റെ വിവേകമില്ലായ്മ കൊണ്ട് എന്തെങ്കിലും നടക്കും അതിന്റെ ഗുണവും ദോഷവും ഒക്കെ അങ്ങനെയല്ല അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് മറ്റു രണ്ട് ഭാവങ്ങളും ഉപേക്ഷിക്കും ഏതാണ് ഉദാസീനത നിരാകരണം ഇതിന്റെ ശാന്തിമന്ദിരത്തിൽ പറയുന്നതാണ് മാമാ ബ്രഹ്മനിരാകുരിയ അ നിരാകരണമസ്തു അത് ഞാൻ മുമ്പ് വേറെ തരത്തിൽ വ്യാഖ്യാനിച്ച എന്റെ രണ്ടാമത്തെ വ്യാഖ്യാനമാണ് ഇപ്പൊ പറയുന്നത് നിന്റെ നിരാകരണം പാടില്ല ഇതിനെ സംബന്ധിച്ച് ഭയാശങ്കകളൊന്നും വെക്കരുത് ആരും അതിനുള്ള വിവേകമില്ലെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എങ്ങനെയാ വിശ്വാസം വരേണ്ടത് ഇതിന്റെ പിന്നിലൊരു സങ്കല്പമുണ്ട് അതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് അതുകൊണ്ട് നമ്മളിതിനെ നിരാകരിക്കാൻ പാടില്ല ഇതിൽ ഉദാസീനമാകാൻ പാടില്ല ഇതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കണം എന്ന് തന്നെ അത് ദോഷമായിരിക്കും ഇതിന്റെ ഉദ്ദേശ്യം ഇന്നതാണ് ഇതുകൊണ്ട് സാധിക്കേണ്ടത് എന്നുള്ള വ്യക്തമായ ബോധം വേണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ ഇതുകൊണ്ട് സാധിക്കുന്നത് ഇതുകൊണ്ട് സാധിക്കുന്നത് വിവേകം വേറൊന്നുമല്ല പറഞ്ഞല്ലോ ഇതിനെ സമീപിക്കുന്നത് രണ്ടു തരത്തിലാണ് ഒന്ന് പാണ്ഡിത്യത്തിന് വേണ്ടി ശബ്ദജ്ഞാനത്തിന് വേണ്ടി അറിവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി അങ്ങനെ സമീപിച്ചു രണ്ടാമത് വിവേകത്തിന് വേണ്ടി വിവേകത്തിന് ഒന്നും കൂടുന്നുമില്ല കുറയുന്നു അദ്യന്തം ഇതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ അപ്പോ ഇതിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് പോകുന്നത് കൊണ്ട് അതിന്റെ പ്രയോജനം ഇത് ഉപാസനയുടെ പട്ടികയിൽ പോയി കേവലം ഒരു ഉപാസന അയോജനം വരണമെങ്കിൽ എന്താണോ ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ വേണം ധിയോ യോന നമ്മുടെ ബുദ്ധിയെ ഈശ്വരൻ പ്രചോദിപ്പിക്കണം ബ്രാഹ്മിൻ സർവഭൂതഹാനി എന്ന് പറഞ്ഞത് സംഭവിക്കും ജീവന്റെ അതൊരു വക്താവിനെ സംബന്ധിച്ചായാലും ശരി ശ്രോതാവിനെ സംബന്ധിച്ചായാലും ഒരു ജീവന്റെ ഈ കാര്യകരണങ്ങളുടെ കടത്തൃത്വം അമലിലാണ് എന്തുകൊണ്ട് അജ്ഞാനത്തിന് അധീ അധീനനാണ് അതുകൊണ്ട് ഇതിന്റെ എല്ലാം കടത്തൃത്വം അമൽ സ്വയം ഏറ്റെടുക്കുന്നു എന്നിട്ട് അതുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു കടത്തടത്ത് തന്ത്രം അത് ഉപാസനയിലേക്ക് തത്വശ്രവണത്തിൽ ബുദ്ധിയെ ഈശ്വരം പ്രചോദിപ്പിക്കുന്നു എന്നെ സാധ്യമാകും കാരണം ഇത് ഊപനിഷത്തമായ വിദ്യ എന്ന് പറയുന്നത് ഈശ്വര പ്രവർത്തവെന്നാ പറയുന്നത് മനുഷ്യരാരും പറഞ്ഞു അപ്പം മനുഷ്യനിതിനെ ഗ്രഹിക്കാനോ പ്രകാശിപ്പിക്കാനോ സാധ്യമല്ല മറിച്ചത് ഒരു ജീവനിലിരിക്കുന്ന അവന്റെ ഈശ്വരീയത അതിനെ ഇതിനെ പ്രകാശിപ്പിക്കാനും ഗ്രഹിക്കാനും പറ്റും അല്ലാതെ സാധ്യമല്ല അതുകൊണ്ടാണ് മഹാത്മാക്കൾ തത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് ശാസ്ത്രത്തെ അവലംബിക്കാത്ത എന്തുകൊണ്ട് ആ മഹാത്മാക്കളിൽ അവരിൽ ആ ഈശ്വരീയത സഹജമായിരിക്കുന്നു അതുകൊണ്ടവർക്ക് തത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് ശാസ്ത്രജ്ഞന്റെ ആവശ്യം അവരെന്ത് പ്രകാശിപ്പിക്കുന്നു അതെല്ലാം തത്വം തന്നെ അതിൽ ജീവൻ അവന്റെ അജ്ഞത കൊണ്ട് ദോഷങ്ങളൊക്കെ കണ്ടുവന്നിരിക്കാം പക്ഷെ അവരുടെ തത്വം മാത്രമേ പ്രകാശിപ്പിക്കത്തുള്ളൂ ഒരു സാധാരണ ജീവന്മാരെ സംബന്ധിച്ച് അങ്ങനെ അവന് തത്വത്തെ ഗ്രഹിക്കുകയും പ്രകാശിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഈശ്വരൻ അവന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണം എന്നാലും ഇതിന്റെ എല്ലാം കർത്തൃത്വം ഈശ്വരന് വന്നുകയായിരുന്നു ഈശ്വരൻ കള്ളില്ലാതെ കാണുകയും നാക്കില്ലാതെ ഭജിക്കുകയും ചെയ്യുന്നു ഒരുവൻ കണ്ണുകൊണ്ട് കാണുകയും നാക്കുകൊണ്ട് വജിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവന്റെ അഹന്തയുടെ ഫലമാണ് അവിടെ ഒരിക്കലും ഈ തത്വത്തിന്റെ പ്രകാശനമോ ഗ്രഹണമോ സംഭവിക്കും അപ്പൊ ഇതിന്റെ എല്ലാം കർത്തൃത്വം ഈശ്വരലേക്കുള്ള അതുകൊണ്ടാണ് വിദ്യ പരമ്പരയിലൂടെ വരുന്നതെന്ന് പറയുന്നവരാണ് അതിൽ വ്യക്തിക്ക് കർത്തൃത്വമുണ്ട് ആ പരമ്പര എവിടെ തുടങ്ങി പരമ്പര വരുന്നെന്ന് പറയുമ്പോൾ ഈശ്വരന്റെ നിശ്വാസമാണ് ഭഗവേദ യജുർവേദ സാമവേദ എന്നെല്ലാം പറയുന്നതാണ് അതാണ് പാരമ്പര്യം എന്ന് പറയുന്നത് അതിനെ ഒരുവൻ സ്വന്തം കർത്തൃത്വം കൊണ്ട് പ്രകാശിപ്പിക്കാനോ ഗ്രഹിക്കാനോ സ്വീകരി ശ്രമിച്ചാൽ ഉടനെ ആ പാരമ്പര്യമോടെ മുറിഞ്ഞു അത് സഫലമാകത്തില്ല മറിച്ച് അതില് അതില്ലാതായി കഴിഞ്ഞാൽ ആ കർത്തൃത്വം വിട്ടുകഴിഞ്ഞാൽ ഈശ്വരിയുമായി തന്നെ അത് പ്രകാശിച്ചാൽ എന്നിട്ടവിടെ അഹന്ത മമത വർജിതമായി അത് വാസ്തവത്തിൽ അതാണ് സംഭവിക്കുന്നത് നിസ്സാരമായ തുച്ഛമായ ഒരു അവിവേകം കൊണ്ട് താൻ അതിൽ തന്റെ കർത്തൃത്വവും മമതയും എല്ലാം ആരോപിക്കുകയാണ് വാസ്തവത്തിൽ സംഭവിക്കുന്ന ഈശ്വരമായി തന്നെ സർവത്ര എന്തുകൊണ്ട് തസൃഷ്ടുപ്രാവശ്യം ഓരോ ഹൃദയത്തിലും കുടികൊള്ളുന്നത് ഈശ്വരൻ തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് ഇതിനെ ബ്രാഹ്മിയൻ ചലിപ്പിക്കുന്നത് ഈശ്വരൻ തന്നെ പക്ഷേ വിവേകം കൊണ്ട് അവനെല്ലാം തലകീഴായി മറിച്ചിരിക്കുകയാണ് അപ്പൊ വിവേകം കൊണ്ട് ആ വിവേകം മാറുമ്പോ സഹജമായ സ്വാഭാവികമായ ഇതിന്റെ എല്ലാ പ്രവർത്തനവും ഈശ്വരയുമായി തന്നെ സംഭവിക്കും അങ്ങനെ സംഭവിക്കുമ്പോ തത്വത്തിന്റെ പ്രകാശനവും ഗ്രഹണവും രണ്ടും ഈശ്വരവുമായി തന്നെ സംഭവിക്കുന്നു അതാണ് ജ്ഞാനം അതിനാണ് വസ്തുതന്ത്രം എന്ന് പറയുന്നത് അതിനാണ് ശാന്തിമന്ത്രത്തിൽ ഉറപ്പിക്കുന്നത് എന്നാണ് മാമാ ആവർത്തിച്ചാവർത്തി പറയുന്നത് നിരാകരിക്കരുത് എന്ന് പറയുന്നതാണ് ആ നിരാകരണം വസ്തു നിരാകരണം സംഭവിക്കരുത് അപ്പൊ അതിനെ വളരെ നിഷ്കപടമായി സമീപിക്കേണ്ടി വന്നു അതിനാണ് പ്രാർത്ഥനയോടുകൂടി ഇത് തുടങ്ങുന്നത് വേദം തുടങ്ങുന്ന ആ മന്ത്രത്തിൽ നിന്നാണ് ജിയോ യോന പ്രചോദയ ഉപാസനണ്ട് കാരണം ഇവിടെ ഉപാസനയെക്കുറിച്ച് ദീർഘമായ ചർച്ച വരുന്നുണ്ട് പക്ഷെ ആ തത്വഗ്രഹണത്തിനും ഒരാൾ അസമർത്ഥനായിത്തീരുമ്പം വേറെ വഴിയില്ല അവന്റെ ഹൃദയം അതിന് പാകമായില്ലെങ്കിൽ പിന്നെ ഉപാസന അതെല്ലാം വേറെ വഴിയില്ല അത് വൈദികമായാലും ശരി പൗരാണികമായാലും ശരി അവിടെയെല്ലാം ഉപാസന കടന്നു അതിനെയും അംഗീകരിച്ചിട്ടുണ്ട് നാമവും രൂപവും എല്ലാം ശാസ്ത്രസമ്മതമായ കാര്യങ്ങൾ തന്നെ തത്വവും അതുപോലെ അധികാര ഭേദമനുസരിച്ച് ഇതെല്ലാം തന്നെ അതുകൊണ്ടിവിടെ ഭക്ഷിക്കാരം പറയുന്നു ഉപാസന ഒരു ഉപായമാണ് തത്വഗ്രഹണത്തിന് ഒരു അസമർത്ഥനാണെങ്കിൽ അതുകൊണ്ട് ആദ്യ ഉപാസനയെക്കുറിച്ച് പറഞ്ഞ് ഉപാസനെ കുറിച്ച് ദീർഘമായി പറയും കാരണം ലോകത്തിൽ അനധികാരികളാണ് കൂടുതൽ അധികാരികൾ വരണം അനധികാരികൾക്ക് വേണ്ടി ദീർഘമായി ചർച്ച ചെയ്യുന്നു ഉപാസനയെ അത് നമ്മൾ അശ്രദ്ധയോടുകൂടി ഉപേക്ഷിക്കാൻ പാടില്ല അതിലുമുണ്ട് കാര്യം ഇനി ഒരുവൻ അധികാരിയാണെങ്കിൽ തീർച്ചയായും അതിന്റെ ആവശ്യമില്ല അധികാരിത്വത്തെ എങ്ങനെ നിശ്ചയിക്കും വിവേകത്തിലൂടെ നിശ്ചയിക്കും ഒരുവനും വിവേകം ദൃഢമാണെങ്കിൽ തീർച്ചയായും അയാൾ അധികാരി തന്നെയാണ് വിവേകദാർഢ്യത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് ശ്രവണം തുടരാം ഉപാസനയുടെയും ശ്രവണമാണ് ഇവിടെ ചെയ്തത് അത് ഉപാസനയുടെ അനുഷ്ഠാനത്തിനു വേണ്ടി അതും മാനസികമായ അനുഷ്ഠാനമാണ് തത്ത് ശ്രവണവും മാനസികവുമാണ് പക്ഷെ രണ്ടും തമ്മില് വ്യത്യാസത്തെ ഭാഷകാരൻ പറയും അതുകൊണ്ട് അറുന്നൂറ് ക്ലാസ് കഴിഞ്ഞെന്ന് പറയുന്നു ഇത് മുഴുവനും തത്വശ്രവണമാണ് വേദ പഠനമല്ല രണ്ടും രണ്ടാണ് പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനം തോന്നും ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞു പാണ്ഡിത്യം വന്ന് പോരവണമെന്ന് പറയുമ്പോ അഭിമാനം ഇടാൻ നശിക്കും എന്തുകൊണ്ട് തത്വഗ്രഹണം സംഭവിച്ചാൽ അവിടെ എന്തായാലും അവിവേകം നഷ്ടപ്പെടും പിന്നെ തത്വഗ്രഹണം സംഭവിച്ചില്ലെങ്കിൽ അഭിമാനിക്കാനൊന്നുമില്ല എന്തെങ്കിലും നേടിയെന്ന് അഭിമാനിക്കാൻ പറ്റത്തില്ല അപ്പൊ ഏതു തരത്തിലായാലും ശരി ഇങ്ങനൊരു തത്വശ്രവണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ദോഷമില്ല അഭിമാനം കൊണ്ടുവരുന്ന ദോഷം കൊണ്ടൊന്നും ഒന്നും നേടിയില്ലെങ്കിൽ എങ്ങനെ അഭിമാനം വരും നേടിയതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവിവേകം നഷ്ടപ്പെട്ടിരിക്കും പിന്നെ അഭിമാനത്തിനൊന്നുമില്ല അവിടെ അപകട സാധ്യത ഒന്നുമില്ല ആശങ്കയുടെ ആവശ്യമില്ല ഇതിനൊരു പഠനമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ അഭിമാനം വരും കാരണം ഇത്രമാത്രം നേടിയെന്ന് തോന്നുന്നു എന്തെങ്കിലും നേടിയെന്ന് തോന്നിയോ തീർച്ചയായിട്ടും ആ നേട്ടത്തിൽ അഭിമാനം അപ്പോൾ കഥയറിയാതെ ആട്ടം കാണട്ടെ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ ഗൗരവമുള്ളതായിരിക്കും വിഷയം അപ്പൊ ഇതിലൊരുതരത്തിലുള്ള ഭയാശങ്കകളും വേണ്ട ഇതിന്റെ പിന്നിലൊരു സത്യസങ്കല്പു എന്ന് ഉള്ള കാര്യം വിസ്മരിക്കായിരിക്കുകയാണ് ഇത് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ എല്ലാവർക്കും ചെയ്യാൻ പാടുള്ളൂ എന്നില്ല നിങ്ങളല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ വിദ്യ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ എന്തുകൊണ്ട് ഇത് ഈശ്വരപ്രോക്തമാണ് ഇത് അനാദിയാണ് ആ വിദ്യയുടെ പാരമ്പര്യത്തിനൊരിക്കലും മുറിവ് സംഭവിക്കത്തില്ല ഇടർച്ച സംഭവിക്കത്തില്ല അതുകൊണ്ട് ആ ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായ ധാരണ വെച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോവാം ഇത് വളരെ വലുപ്പമുള്ള ഇതാണ് കൂടുതലും ഉപാസനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതിനിടയ്ക്ക് തന്നെ ഭാഷയത്തിൽ തത്വചിന്തയും വരുന്നുണ്ട് അതിന് ഉപാസനയെ കുറിച്ച് പറയുന്ന ഈ വൈദിക ഉപാസനക്ക് ഇന്ന് വരുന്നവര് പോരായ്മ കാരണം ആ വൈദിക സംസ്കാരവും വൈദിക കാലവും എല്ലാം നഷ്ടപ്പെട്ടു വൈദിക കർമ്മങ്ങളും ഇന്ന് പ്രായണം നഷ്ടപ്പെട്ടു അതിൻ്റെ സാഹചര്യങ്ങൾ മാറി അതുകൊണ്ട് തന്നെ വൈദിക കർമ്മങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാത്തതുപോലെ വൈദിക ഉപാസനകളും ഇന്ന് പലതും അപ്രായോഗികം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അനുഷ്ഠിക്കാൻ അങ്ങനെ ഒരു സംസ്കാരമില്ല തീർച്ച അസാധ്യമാണെന്നല്ല ചില കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പറ്റും പക്ഷെ പലതും അത് സാധ്യമാണ് ഇത്തരത്തില രീതിയിൽ അത് കാലം മാറിപ്പോയി എന്നാലും അതിനെക്കുറിച്ച് അറിയുന്നത് ദോഷമല്ല ഭാഷകാലം പറയുന്ന എന്താണ് അതും ഒരു മാനസിക വ്യാപാരമാണ് തത്വജ്ഞാനം പോലെ തന്നെ അതും വളരെ ഉയർന്ന ചിന്തയാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ കാരണം വേദം കുറിച്ച് വൈദികന്മാർ പറയുന്നെന്താണ് വേദം ലൗകികമായ ഒന്നിനും വെളിപ്പെടുത്തുന്നത് വേദം വെളിപ്പെടുത്തുന്നതല്ല അലൗകികമാണ് അലൗകികം അതീന്ദ്രിയമായ കാര്യങ്ങളാണ് വേദം വെളിപ്പെടുത്തുന്നത് മനസ്സ് സാധാരണ മനസ്സെന്ന് പറയുന്നത് ലൗകികമായ വിഷയങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത് ഇവിടെ ആധ്യാത്മികമായി വേണ്ടത് എന്താണ് അലൗകികമായ വിഷയങ്ങളാണ് വേണ്ടത് അതീ ലൗകികമായ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റുന്നതിന് സഹായി ഉപാസനയെ കുറിച്ചുള്ള ചിന്തകളും നമ്മുടെ മനസ്സിന്റെ ആ ലൗകികഭാവങ്ങളിൽ നിന്ന് അതിനെ മാറ്റുന്ന അതുകൊണ്ട് ഭാഷകാല ഉപാസനയെക്കുറിച്ച് പറയും പറയും ഉപാസനകൾ തന്നെ നിഷ്കാമമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ആധ്യാത്മികമായി പ്രയോജനം ചെയ്യും കാരണം അത് അലൗകിക അതിന്തിരികുമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മനസ്സിന് പകരം കൊടുക്കാൻ എന്തെങ്കിലും വേണമല്ലോ നമ്മൾ മറ്റു വിഷയങ്ങളെയെല്ലാം വിട്ട് കുറച്ച് സമയം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ അത്രയും സമയം മനസ്സ് രക്ഷപ്പെടുകയാണ് ലൗകികമായ വിഷയങ്ങളിൽ നിന്നത് മാറുകയാണ് അപ്പൊ അത് അതിന്റെ ഒരു പ്രയോജനമാണ് ചിന്തിക്കുന്നത് മനസ്സിനെ ലൗകികമായ വിഷയങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റം അത് സംഭവിക്കുന്നു പിന്നെ വൈദികമായ വിദ്യ മനസ്സ് ഗ്രഹിക്കുന്നു ഉപാസനയെ കുറിച്ച് പറയുമ്പോ വൈദികന്മാരും അദ്വേദികളും ഒരുപോലെ സം വൈദികന്മാരെന്ന് വെച്ചാൽ മീമാനം ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഉപാസന സദ്വാസന ഉണ്ടാകുന്നു അത് ലൗകികമായ വിഷയങ്ങളിൽ പോലും ഉപാസന ആകാമെന്നിവിടെ പറയുന്നുണ്ട് ഭാവന മാറ്റുക അതിൽ വൈദികമായ ഭാവന അത് വേദത്തിന്റെ പ്രത്യേകത നിദ്ര മൈഥുനം അന്നപാനാദി തുടങ്ങിയ ലൗകികമായ വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ പോലും നമുക്ക് കാണാം ഉപനിഷത്തുകളിലും മറ്റും വൈദിക ഭാവന വിഷയം ലൗകികമാണ് പക്ഷെ ഭാവന അലൗകികമാണ് അല്ലെങ്കിൽ വൈദികമാണ് എന്തുകൊണ്ടങ്ങനെ വരുന്നു കാരണം ഒരു ജീവൻ അവിവേകത്തിന് അധീനനായിരിക്കുമ്പോൾ അവനീ ലൗകിക വിഷയങ്ങളിൽ നിന്നും പൂർണമായും വിടാൻ കഴിയുന്നില്ല അവിടെ വൈദികമായ ഭാവന ആ വൈദികമായ ഭാവന ആ ജീവൻ അവൻ ലൗകികത്തിൽ മുഴുകിയിരിക്കുകയാണെങ്കിലും ആ ജീവന്റെ ഊർദ്ധ്വമനത്തിന് സഹായിക്കുന്നു ആ ജീവന് പുണ്യവൃദ്ധി ഉണ്ടാക്കുന്നു അത് ഉപാസനയുടെ ഫലമാണ് വേദത്തിന്റെ ഉപാസന എങ്ങനെയാണ് ഉദ്ഗീത ഉപാസന അവിടെ ഉദ്ഗീത ഉപാസന എന്ന് പറഞ്ഞാൽ അവദ്ഗീത മന്ത്രങ്ങളുടെ ഉച്ചാരണമാണ് അർത്ഥബോധത്തോടുകൂടി അത്രയേ ഉള്ളൂ ഉപാസന എന്ന് പറയും അത് എർപ്പിക്കുകൾ അത് ചെറുപ്പം യജമാനം ചെയ്യും അത് പുണ്യത്തെ കൊടുക്കും പക്ഷെ അവിടെ ഭാവന കർമ്മഫലത്തിന് വേണ്ടിയായതുകൊണ്ട് അവന് കർമ്മഫലത്തിന് സഹായകമായ പുണ്യവൃദ്ധിയുണ്ടാവും ഇവിടെ ഭാഷകാരൻ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് കാമനകളൊന്നും ഇല്ലാതെ ഈ മന്ത്രങ്ങളുടെ അർത്ഥ വിചാരിച്ച് കാമനകളില്ലാതിരുന്നാൽ പിന്നെ അതെന്തിനു ചെയ്യണം കാമനകളുണ്ട് എന്തുകൊണ്ട് ആധ്യാത്മികമായ കാമനകളാണ് പിന്നെ ശേഷിക്കുന്നു ഭൗതികമായ ലൗകികമായ കാമനകളുണ്ടെങ്കിൽ ആധ്യാമികമന മുമുക്ഷു അതാണ് ആധ്യാത്മിക കാമന അപ്പം മുമുക്ഷുക്കൾ ഇതിനെക്കുറിച്ച് വിചാരം ചെയ്തു കഴിഞ്ഞാൽ വർദ്ധിക്കുക ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് പുണ്യവൃദ്ധിയുണ്ടാകുന്നു അത് കർമ്മഫലത്ത് കൊടുക്കുന്ന പുണ്യവൃദ്ധിയല്ല അവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന പുണ്യവൃദ്ധി ഈ ലൗകികത്തിൽ നിന്നെല്ലാം അവനെ മോചിപ്പിക്കുന്ന പുണ്യവൃദ്ധിയുണ്ടാകുന്നു അതാണ് ഫലമായി പറയുന്നത് അതുകൊണ്ടിത് തത്വബോധം അത് പ്രയോജനമുള്ളതാണ് പക്ഷെ ഇത് പ്രയോജനമില്ലാത്തതാണെന്നും ഭാഷയകാരും പറയുന്നില്ല മു മുക്ഷുക്കൾ എന്ന് പറയുമ്പോൾ അത് സന്യാസിമാരും ബ്രഹ്മചാരികളും മാത്രമല്ല ഗ്രഹസ്ഥന്മാരും അതുകൊണ്ടിവിടെ ഗ്രഹസ്ഥനുഷ്ഠിക്കേണ്ട ഉപാസനകളെ കുറിച്ചും പറയും അവരെയും ലൗകികത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അത് സഹായിക്കും അത് മോചിക്കാൻ ആഗ്രഹിക്കുകയാണ് അവൻ മോക്ഷമാണ് ഈ ഉപാസനകൾ കർമ്മഫലത്തെ കൊടുക്കുന്നത് മാത്രമല്ല ഭക്ഷ്യൻ പറയുന്നത് ആധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്കും ഇതിന്റെ വിചാരം നല്ലതാണ് സഹായിക്കുന്നതാണ് അതും പറയും കാരണം ഉപാസനകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് തത്വ ശ്രവണം തത്വശ്രവണത്തിൽ ഒരാൾ തത്വശ്രവണത്തിന് ശ്രവിക്കുന്ന പക്ഷേ തത്വപ്രകാശനം സംഭവിക്കുന്നില്ല അവനവൻ തടസ്സങ്ങളുണ്ടായ കൊണ്ടാണല്ലോ വിഘ്നങ്ങളിരിക്കുന്നോണ്ടാണ് ബുദ്ധിയെ ഈശ്വരം പ്രചോദിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടും ബുദ്ധിക്കൊരു പ്രചോദനവും വരുന്നില്ല ആ വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് ഉപാസന സഹായിക്കും ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ അതിനെ സഹായിക്കും എന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഒരാള് തത്വത്തെ ശ്രവിക്കുന്നു വാസ്തവത്തിൽ തത്വത്തെ ശ്രവിച്ചിട്ടാണ് ഉപാസന തത്വത്തെ ശ്രവിക്കുന്നതിന് മുമ്പല്ല അതിന് മുമ്പ് പിമ്പന്നില്ല എന്തുകൊണ്ടോ സ്വാധ്യായത്തിൽ ഈ വേദഭാഗം മുഴുവൻ അധ്യയനം ചെയ്യുകയാണ് അങ്ങനെ അധ്യയനം ചെയ്യുമ്പോൾ ഉപാസന കാണ്ടും കർമ്മ കാണ്ടും ജ്ഞാന കാണ്ടുവെല്ലാം വരുന്നു പക്ഷെ അവന് തത്വബോധം ഉണ്ടാകുന്നുണ്ട് തത്വബോധം ഉണ്ടാകാതിരിക്കുമ്പോൾ അവിടെ കർമ്മങ്ങളും ഉപാസനകളും എല്ലാം അവനെ സഹായിക്കുന്നു ആ തത്വബോധത്തിന് വേണ്ടി അതിനുവേണ്ട യോഗ്യതകൾക്ക് വേണ്ടി ഇക്കാര്യം ബ്രഹ്മസൂത്രത്തിന് ചർച്ച ചെയ്യുന്നുണ്ട് ഇവക്കാവശ്യമുള്ളതാണോ ആവശ്യമുള്ളതാണെന്നാണ് അവിടെ സമർപ്പിക്കുന്നത് ആ തരത്തിലും ഉപാസനാബർദ്ധമാണ് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ദീർഘമായി ചർച്ച ചെയ്യുന്നത് മനുഷ്യ വളരെ ചുരുക്കമാണ് പക്ഷെ അതിനെല്ലാം വിവേകം ആവശ്യമാണ് അതിനെ കുറിച്ച് ഭയാശങ്കകളൊന്നും മനസ്സിൽ വരേണ്ട കാര്യമില്ല എന്താ ഇതിന്റെ ലക്ഷ്യം ആത്യന്തിയുമായി നമുക്കറിയാം സർവബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനം അതാണ് കർമ്മമായാലും ഉപാസനായാലും അത് വൈദികമായാലും ശരി ലൗകികമായാലും ശരി തത്വജ്ഞാനമായാലും ശരി സർവത്തിന്റെയും ആത്യന്തികമായ ലക്ഷ്യം മോക്ഷം എന്ന് പറഞ്ഞാൽ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം അതാണ് ഇതിൽ സാധിക്കേണ്ടത് ആ സർവബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം അത് ലക്ഷ്യമാക്കി ഒരാളുടെ അധികാര ഭേദമനുസരിച്ച് ഇതിനെ ഏതിനെയും സ്വീകരിക്കാം ഇതെല്ലാം കൂടി ചേർത്ത് സ്വീകരിക്കാം അതിനും ദോഷമില്ല അതുകൊണ്ട് ദീർഘമായ ഉപാസന ചർച്ച വ്യർദ്ധമാണെന്ന് ധരിക്കാൻ പാടില്ല തത്വചിന്ത മാത്രമേ ഉള്ളൂ ഫലം ചെയ്യുന്നതെന്നും ധരിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഭാഷകാരം വ്യാഖ്യാനിക്കാൻ വരുമ്പോഴില്ലേ ഇതിന്റെ ഭാഷത്തിന്റെ മുഖപുരയായിട്ട് ഈ കാര്യം ഞാനിതിന് വിശദീകരിച്ച കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഓമിത്യേക ദക്ഷിണീത്യാദി അഷ്ടാധ്യായീ ഛന്ദുഗ്യോപനിഷ് സാമവേദികളെ കുറിച്ച് പൊതുവെ പറയുന്ന പേരാണ് ഛന്തോകന്മാർ ഛന്തോബദ്ധമായതുകൊണ്ടാണെന്ന് പറയുന്നു അങ്ങനെ സാമവേദികൾ ഛന്തോകന്മാർ അധ്യയനം ചെയ്യുന്നത് ഛന്ദുപൻഷ് അങ്ങനെയുള്ള ഈ ഛന്തു ഗ്യൂപൻഷപ്പ് ഓമിത്യ ദക്ഷരം ഇവിടെ മുതലാണ് ഭാഷ്യകാരം വ്യക്തിക്കുന്നത് ശരിയായ ഉപനിഷത് ഭാഗം ഇവിടെ മുതലാണോ കാരണം ഉപാസനയെ കുറിച്ച് ഇതിനൊന്നുമ്പോ പറയുന്നു പക്ഷെ ഇവിടെ ഓം എന്ന് തുടങ്ങും ഉദ്ഗീതോപാസന അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാസനയാണ് അതുകൊണ്ട് ഭാഷ്യകാരൻ ഇവിടെ മുതൽ ഉപനിഷത്തായി പരിഗണിച്ച് വ്യക്തിക്കുന്നു അത് മാത്രമല്ല ഇവിടെ മുതൽ വരുന്ന ഈ മന്ത്രങ്ങളെയാണ് ബ്രഹ്മസൂത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മസൂത്രത്തിൽ ഭാഷകാരൻ തന്റെ സിദ്ധാന്തത്തെ സമർശിക്കുന്നതിന് ഛന്ദ് വിപനിഷത്താണ് വളരെയധികം കാരണം തത്തുമസി പോലെയുള്ള മഹാവാക്യങ്ങളും വളരെയധികം കാര്യങ്ങളിവിടെ വരുന്നുണ്ട് അത് ഇവിടെ മോലെ ആരംഭിക്കുകയാണ് അതുകൊണ്ട് ഭാഷ്യകാരൻ ഇവിടം പോലെ വ്യാഖ്യാനിച്ചു ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം അദ്വൈതമല്ലെന്നറിഞ്ഞിട്ട് ഇതാവശ്യമാണ് അതുകൊണ്ട് അഷ്ടാധ്യായ എട്ടാധ്യായങ്ങളുള്ള ഈ ചന്തനിഷത്ത് ഓമിത്യദക്ഷി ആരംഭിക്കുകയാണ് തസ്യ സംക്ഷേപതോ അർത്ഥ ജിജ്ഞാസഭ്യ ർജു വിവരണം അല്പഗ്രന്ഥം ഇതം ആരഭ്യതേ ഇതിന്റെ ചുരുക്കത്തിലുള്ള അർത്ഥം എന്ന് ഭാഷകാരം പറയുന്നു ഇതിന്റെ വ്യാഖ്യാനത്തിൽ ആനന്ദഗിരി പറയുന്നത് ഇതിന് വളരെ വിസ്തൃതമായ ഭാഷ നമ്മളുണ്ടായിരുന്നു ഭാഷകാരൻ പറയുന്നു ഇവിടെ വ്യാഖ്യാതാവി പറയുന്നു ദ്രാവിഡം ഭാഷ്യം അങ്ങനെ ഒരു ദ്രാവിഡ ഭാഷ്യം ദ്രാവിഡാചാര്യരെ കുറിച്ച് ബ്രഹ്മസൂത്രത്തിലും പരാമർശിക്കുന്നുണ്ട് അതാരാണ് എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിവാദമാണ് ആരാണെന്നൊന്നും അറിയത്തില്ല ഇവിടെ പറയുന്ന ഒരു ദ്രാവിഡ ഭാഷ്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോ ദ്രാവിഡാചാര്യൻ എന്റെ ഭാഷ്യമാണ് ദ്രാവിഡം ഭാഷ്യം എന്ന് പറയുന്നത് എന്തായാലും അതൊന്ന് ലഭ്യമല്ല ഒരുപക്ഷെ ആനന്ദഗിരിയുടെ കാലത്തിൽ അത് ലഭ്യമായിരുന്നിരിക്കാം ഭാഷകാരന്റെ കാലത്തിനോട് അടുത്താണ് ആനന്ദഗിരിയുടെ കാലം അതുകൊണ്ട് അതിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ല അങ്ങനെ ഒരു ഭാഷയത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യും അപ്പോ അത് വളരെ വിസ്തൃതമാണ് സംക്ഷേപത ഇവിടെ സംക്ഷേപിച്ച് ശബ്ദത്തെ സംക്ഷേപിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഋർജു വിവരണം അല്പഗ്രന്ഥം ഋർജുവായ വിവരണം നേരിട്ടുള്ള അർത്ഥപ്രകാശന ഭാഷയത്തിലുള്ള ്രഹ്മസൂത്ര ഭാഷയത്തിലും ഉപനിഷ് ഭാഷയത്തിലുള്ള ചർച്ചയ്ക്ക് വ്യത്യാസമുണ്ട് ഇവിടെ മന്ത്രക്രമം അനുസരിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഭൂമിത്യ അക്ഷരം അവിടെ മൂലം വ്യാഖ്യാനിച്ചുകൊള്ളു ബ്രഹ്മസൂത്രത്തിലുള്ള ചർച്ച അങ്ങനെയല്ല പല ഭാഗങ്ങളിൽ നിന്നും മന്ത്രങ്ങളെടുത്ത് പല ഭാഗത്ത് ചർച്ച ചെയ്യും ഇവിടെ മന്ത്രക്രമത്തെ സ്വീകരിക്കുന്നു തുടക്കത്തിൽ ഒരു ഭാഗം ചർച്ച ചെയ്ത ഒടുക്കത്തിൽ വേറൊരു ഭാഗം ചർച്ച ചെയ്തോ അങ്ങനെ പോകും പാട്ടക്രമത്തെ സ്വീകരിക്കുന്നു ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആ പാഠക്രമം അനുസരിച്ച് തന്നെ പക്ഷികാരൻ ഇതിന്റെ നേരായ അർത്ഥത്തെ പറയുന്നു നേരർത്ഥമെന്ന് പറയാം അങ്ങനെ പറയാൻ കാരണം എന്താണ് പലപ്പോഴും അർത്ഥത്തെ പറയുമ്പോൾ നമ്മൾ ഭാവനയെ ആശ്രയിക്കും ഒരുപാട് ഭാവനകളിലൂടെ കടന്നു സങ്കല്പങ്ങൾ നമ്മുടെ ഇച്ഛകൾ വാസനകൾ ഇതൊക്കെ അതിനെ സ്വാധീനിക്കും നമുക്ക് നേരർത്ഥം പറയാനോ മനസ്സിലാക്കാനോ കഴിയാതെ ശരിയായ അർത്ഥം നമ്മുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഭാവന ചെയ്ത് നമ്മുടെ അർത്ഥത്തെ വളച്ചൊടിക്കുകയും പറ്റും ചെയ്യും പക്ഷേ അവരെ സ്വയം പറയുന്നത് ഞാൻ നേരർത്ഥം പറയുന്നു എന്നാണ് ശരിയായിട്ടുള്ള അർത്ഥം തത്വത്തെ സംബന്ധിച്ച് ഭക്ഷ്യക്കാരൻ തീർച്ചയായും നേരിട്ടത്തെ തന്നെയാണ് പറയുന്നത് അല്ലാത്ത ഭാഗങ്ങളിൽ വളഞ്ഞ അർത്ഥവും പറയും അതവിടെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിത്തരും തത്വത്തെ സംബന്ധിച്ചതാണ് തത്വനിഷ്ഠനായ രാചാര്യൻ എന്നുള്ള അതിലേക്ക് അവിടെ ഋർജു അർത്ഥം തന്നെയാണ് സർവത്ര പറയുന്നത് തത്വമസി എന്താണ് എന്റെ അർത്ഥം ശരിയായ അർത്ഥത എന്ന് പറയുന്നു അത് നീയാണെന്ന് പറയുമ്പോൾ അത് വേറെ നീ വേറെ എന്നർത്ഥം പറഞ്ഞാൽ അത് ഋജ്ജു അർത്ഥമല്ല തത്വ വളരെ സ്പഷ്ടമാണ് അത് നീയാണ് ആ തത്വം നീയാണ് എന്ന് പറഞ്ഞാൽ അത് ഋരുജു അർത്ഥം മറിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അത് ഋർജി അർത്ഥം എങ്ങനെയാകും അത് നിൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാർത്ഥം ശരിയാവും നീ അതിൻ്റെതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും അന്ന് ഋർജി അർത്ഥമല്ല അങ്ങനെയും അർത്ഥം പറയാം പക്ഷെ അത് വളഞ്ഞ അർത്ഥമായി ഭാഷയെ ബുദ്ധിയെ ഒരുപാട് വളക്കേണ്ടിയിരിക്കുകയൊക്കെ ചെയ്യേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റും പണ്ഡിതന്മാർക്ക് ഭാഷയിൽ പല കസരത്തുകളും അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ട് തിരിച്ചും മറിച്ചുകൊക്കെ ചെയ്യാം പക്ഷെ അത് റിജുവൽ സമാസത്വം മാറ്റാം വിത്പത്തിയെ മാറ്റാം അന്വയത്തെ മാറ്റാം അങ്ങനെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പല അർത്ഥങ്ങളും കൊടുക്കാം ഒരു ശ്ലോകം ഒരു മന്ത്രം കണ്ട് അത് വായിച്ചപ്പോൾ നോക്കാൻ അർത്ഥം തോന്നി ഈ അർത്ഥം ശരിയല്ല എന്ന് അർത്ഥം മാറ്റാൻ വേണ്ടി അതിന്റെ അന്വയത്തെ മാറ്റുന്നു നമുക്കിഷ്ണോ അർത്ഥം പറയാൻ വേണ്ടി അങ്ങനെ ശബ്ദത്തിന്റെ വിത്പത്തി ഇന്നതാണ് പ്രസിദ്ധമാണ് ആ ശബ്ദം അതിന്റെ ധാതു ഇന്നതാണ് ധാത്വർത്ഥം എന്നതാണ് പ്രത്യം എന്നതാണ് പ്രത്യർത്ഥം ഇന്നതാണ് മനസ്സിലാക്കി ഒരു നേരർത്ഥം എടുക്കാവുന്ന വേറെ ധാത്തോർത്ഥത്തെ കല്പിക്കുന്നു വേറെ പ്രത്യാർത്ഥത്തെ കല്പിക്കുന്നു അതൊന്നും രുചർത്ഥമാണ് ഇതേ അഭ്യാസം തന്നെ സമാസത്തിനും ചെയ്യാം സമാസം ഇന്നതാണോ എന്ന് ബോധ്യമാകുന്നു ഡൗറിയാണെന്ന് തോന്നി കഴിഞ്ഞ ഉടനെ തത് പുരുഷനാക്കുക ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങൾ എന്തിനും തന്റെ ഉള്ളിലിരിക്കുന്ന അർത്ഥത്തെ വിളിക്കണം ഇതെല്ലാം വിർജു വിവരണം വക്രവിവരണം വേണമെങ്കിൽ പറയാം ഭക്ഷ്യകാലം പറയുന്നത് അങ്ങനെയല്ല ഞാൻ അന്യേരായ അർത്ഥത്തെ പറയുകയാണ് തത്വത്തെ പ്രകാശിപ്പിക്കുകയാണ് അതുകൊണ്ട് അല്പഗ്രന്ഥം അല്പാക്ഷരം ഗ്രന്ഥം എന്ന് വെച്ചാൽ അക്ഷരം ഉണ്ടാകും അല്പാക്ഷരങ്ങളുള്ള ഇതം ഈ വിവരണം ആരഭ്യതയാരംഭിക്കുന്നു എന്നാണ് ത്രസംബന്ധ പൂർവഭാഗവും ഈ ഭാഗവുമായിട്ടുള്ള ബന്ധം എന്താണ് കാരണം മുമ്പ് പറഞ്ഞു കർമ്മത്തെ കുറിച്ചാണ് സ്വർഗത്തെക്കുറിച്ചും സോമന സമ്പാനം ഒക്കെ പറഞ്ഞു പെട്ടെന്ന് അവിടെ നിന്നും മാറിയിട്ട് ആത്മാവ് ബ്രഹ്മം തത്വം എന്താ പരസ്പര ബന്ധം ഉപാസനകൾ പറയുന്നു സമസ്തം കർമ്മധികം പ്രാണ അജ്ഞാതി ദേവതാ ജ്ഞാനസഹിതം ജ്ഞാനസഹിതം അർച്ചരാദിമാർ അധികം ഇതുവരെ ഭേദം വെളിപ്പെടുത്തിയ സമ്പൂർണ്ണ കർമ്മവും നമ്മളുദ്ദേശിക്കുന്ന വൈദിക കർമ്മങ്ങൾ അതെന്താണ് പ്രാണദേവത അഗ്നിദേവത ഇവയുടെ വിജ്ഞാനം വെച്ചാൽ ഉപാസന വിജ്ഞാന ശബ്ദത്തിന് പല അർത്ഥങ്ങളാണ് ചെറത് പറയും ചിലത് അറിവെന്ന് പറയും ഇവിടെ ഉപാസന എന്തുകൊണ്ട് കർമ്മത്തോടു കൂടി ചേരുന്ന പ്രാണോപാസന അഗ്നി ഉപാസന എല്ലാം വേദത്തിൽ പ്രസിദ്ധമാണ് അതുകൊണ്ടുകൂടെ പ്രാണവിജ്ഞാനം ദേവതാ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപാസനയാണ് തത്വവിജ്ഞാനം അല്ല അപരോക്ഷാനുഭൂതി ഒന്നും അപ്പൊ ഈ കർമ്മങ്ങൾ പ്രാണോപാസന അഗ്നി ഉപാസന അതിലി പറയുന്നുണ്ട് അത് എല്ലാം എന്താണ് അർച്ചിരാദി മാർഗേണ മാർഗത്തെക്കുറിച്ചും പറയും അർച്ചരാതി മാർഗത്തിലൂടെ ബ്രഹ്മപ്രതിപത്തി കാരണം എന്ത് സമസ്തം കർമ്മം ഇതുവരെയുള്ള കർമ്മങ്ങളെല്ലാം അത് ബ്രഹ്മപ്രതിപത്തിക്ക് കാരണമാണ് എന്നുവെച്ചാൽ ഹിരണ്ഗർഭപ്രാപ്തി അതാണ് ഹിരണ്ഗർഭപ്രാപ്തി കാര്യ ബ്രഹ്മപ്രാപ്തി ഇതുവരെയുള്ള ഭാഷയും പലയിടത്തും ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അബദ്ധമായിട്ടു എന്താണ് കർമ്മസഹിതം ഉപാസനാസഹിതമായ കർമ്മം ഹിരണികന്ധപ്രാപ്തിക്ക് കാരണമാണോ ഇത് നമ്മൾ ആദ്യത്തെ ഉപനിഷത്തെ ചർച്ച ചെയ്തപ്പോ അവിടെ വിശദമായി ചർച്ച ചെയ്തതാണ് ഈശാവാസ്യത്തിൽ അവിദ്യാന്ച അവിടെയൊക്കെ ഇത് നമ്മൾ ചർച്ച ചെയ്തു അവിദ്യയാമൃതം ചേർത്തുക വിദ്യയാമൃതമശ്ശരേ ഓർമ്മയുണ്ടോ എന്ന് അറിയുന്നു വിരണ്യർഭപ്രാപ്തിക്കാണ് ഉപാസന സഹിതമായ കർമ്മം ഉപകരിക്കുന്നത് കേവലം ധൂമാദി മാർഗേണ് ചന്ദ്രലോക പ്രതിപത്തി കാരണം ഇനി കേവലം എന്നുവെച്ച കേവല കർമ്മം ഉപാസനയില്ല കേവലമായ കർമ്മം ചന്ദ്രലോക പ്രതിപത്തി കാരണം പ്രതിപത്തി എന്ന് വെച്ചാൽ പ്രാപ്തി എന്നാണ് ഇവിടെ പ്രാപ്തി എന്നും അർത്ഥമുണ്ട് ഇവിടെ പ്രാപ്തി എന്നുള്ള അർത്ഥമുണ്ട് അത് ചന്ദ്രലോക പ്രാപ്തിക്ക് ഭാഷത്തിൽ പല ഭാഗത്തും ശ്രുതിലും വരുന്നുണ്ട് ഒന്ന് ദേവലോകപ്രാപ്തി മറ്റൊന്ന് പിതൃലോകപ്രാപ്തി അതിനാണ് ഇവിടെ പരാമർശിക്കുന്നത് അല്ല ഉപായങ്ങൾ ഗീതേനെയും ഇത് ചർച്ചിരിക്കുന്നു സ്വഭാവപ്രവർത്താനാമിച്ച ഇനി ഇതൊന്നുമില്ലാത്ത മനുഷ്യരുണ്ട് സാധാരണ ജീവന്മാർ അവർക്ക് ചന്ദ്രനോമില്ല ദേവലോകുമില്ല പിതൃലോകമില്ല ഒരു ലോകവുമില്ല സ്വഭാവപ്രവർത്തനം അവന്റെ വാസന അനുസരിച്ച് അവന്റെ കർമ്മങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു വൈദികമോ അല്ലെങ്കിൽ സ്മാർത്തമോ ആയ കർമ്മങ്ങളോ ഉപാസനകളോ ഒന്നും ചെയ്യുന്നില്ല തിന്നുന്നു കുടിക്കുന്നു മരിക്കുന്നു അതാണ് സ്വഭാവ പ്രവർത്തനാംച്ച മാർഗദ്വയ പരിഭ്രഷ്ട അവർ ഈ മാർഗദ്വയത്തിൽ നിന്ന് ഭ്രംശിച്ചു പോയവരാണ് എന്നുവച്ചാ അവരുടെ ആ ജീവൻ ഊർധഗതി കഷ്ട അധോഗ അവർക്ക് അധോഗതിയാണ് ജായസ്വറിയസ്വ ഇത്തിയത് തൃതീയം സ്ഥാനം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു മൂന്നാം സ്ഥാനം ഇതെല്ലാം ശ്രുതിയിൽ പറഞ്ഞു എന്ന് ഭാഷകാരം ഓർമ്മിപ്പിക്കുകയാണ് ഭാഷയത്തിൽ പല സ്ഥലത്തും എന്നുവച്ചാ ഉഭയോർ മാർഗീയവർ അന്യതരസ്മിന്നഭി മാർഗി ആത്യന്തികീ പുരുഷാർത്ഥസിദ്ധി ഈ അധോഗതിയെ ഒഴിവാക്കാൻ വേണ്ടി പിരണ്ഗർഭപ്രാപ്തി അല്ലെങ്കിൽ പിതൃലോകപ്രാപ്തി ഇത് മതിയോ പറയുന്നു പോരാ ഉഭയോർ മാർഗയോർ ഈ രണ്ട് മാർഗങ്ങളിലും അന്യതരസ്മിന്നഭി മാർഗി ഒരു മാർഗത്തിലും ആത്യന്തികീ പുരുഷാർത്ഥസി ആത്യന്തികമായ പുരുഷാർത്ഥസിദ്ധി സംഭവിക്കുന്നില്ല ജനീകർഭപ്രാപ്തി പോലും സത്യവുമൊക്കെയല്ല പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഫലം അതാണ് അതെല്ലാം ബന്ധനമാണ് ആത്മവിദ്യയുടെ പ്രയോജനം എന്താണ് സർവബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം അത് സാധിക്കും ഒരു ബന്ധനം അവിടെ അതാണ് ആത്യന്തികമായ പുരുഷാർത്ഥ അതാണ് ഇതിന്റെ പ്രയോജനം അത് സാധിക്കുന്നില്ല ഇത്യ അതുകൊണ്ട് കർമ്മനിരപേക്ഷം അദ്വൈത ആത്മവിജ്ഞാന സംസാരഗതിത്രയഹേതു ഉപമർദ്ദേന വക്തവ്യമിറ്റി ഉപനിഷത്ത് ആരഭ്യതേ അതുകൊണ്ട് ഉപനിഷത്തൂടെ തുടങ്ങുന്നു എന്താണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ആത്മവിദ്യ കർമ്മനിരപേക്ഷം അദ്വൈതാത്മവിജ്ഞാനം കർമ്മനിരപേക്ഷമായ അദ്വൈതാത്മവിജ്ഞാനം നേരത്തെ പറഞ്ഞ വിജ്ഞാനമല്ല നേരത്തെ പറഞ്ഞ വിജ്ഞാനം കർമ്മസാപേക്ഷമാണ് ഉപാസന ഇത് കർമ്മനിരപേക്ഷമാണ് അദ്വൈതാത്മവിജ്ഞാനം അതിന് കർമ്മവുമായിട്ട് ബന്ധമൊന്നും സംസാരഗതിത്രയഹേതുപം വർദ്ധേന സംസാരഗതിത്രയം ഒന്ന് രണ്ഗർഭപ്രാപ്തി അല്ലെങ്കിൽ ദേവലോകപ്രാപ്തി മറ്റൊന്ന് പിതൃലോകപ്രാപ്തി മൂന്നാമത് ഇവിടെ തന്നെ ജനനം വരണം ഇതിന്റെ ഹേതുവിന് ഉപമർദ്ദേന ഇതിന്റെ ഹേതു എന്താണ് അജ്ഞാനം കാമം കർമ്മം ഈ സംസാരഗതിത്രയത്തിന്റെ ഹേതുവിൻ ഉപമർദ്ദം അതിനെ നശിപ്പിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് വർത്തവ്യം എന്ത് ആത്മവിജ്ഞാനം അതിനുവേണ്ടി ഉപനിഷത്ത് ആരംഭ്യത ഇവിടെ ഒരു ഉപനിഷത്ത് ആരംഭിക്കുകയാണ് എന്നുവെച്ചാൽ അദ്വൈതാത്മവിജ്ഞാനന്യത്ര ആത്യന്തികീയ നിശ്രേയസപ്രാപ്തി ആത്യന്തികമായ നിശ്രേയസം എന്ന് പറഞ്ഞാൽ സർവ ബന്ധങ്ങളിൽ നിന്നുള്ള മോചനം ഒരു ബന്ധവും വേണ്ട വിദ്യ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ ബന്ധത്തെ ഉണ്ടാക്കിയെടുക്കാൻ അത് ഇത് ഉദ്ദേശിക്കുന്നില്ല മറിച്ച് ആത്യന്തികമായ നിശ്രയസമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സർവബന്ധങ്ങളിൽ നിന്നുമുള്ള മോചന അത് അദ്വൈതാത്മവിജ്ഞാനാത് അന്യത്ര ഈ അദ്വൈത ആത്മവിജ്ഞാനം കൂടാതെ മറ്റൊന്നും സാധ്യം അന്യത്ര എന്ന് പറഞ്ഞിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ഹിരണ്ണപ്രാപ്തിക്കുള്ള വഴി കർമ്മ അതുകൊണ്ട് സാധ്യമല്ല മറ്റൊന്ന് കേവല കർമ്മം പിതൃലോകപ്രാപ്തിക്കുള്ള പോലെ അതുകൊണ്ട് സാധ്യമല്ല മൂന്നാമത് സഹജകർമ്മങ്ങൾ വൈദികമല്ല ജനിച്ച് ജീവിച്ചു മരിക്കുന്ന കർമ്മങ്ങൾ ഇത് മൂന്നും നിശ്ചിരസപ്രാപ്തിക്ക് സഹായിക്കുന്നതല്ല പക്ഷിതിഹി അധ ഏ അന്യഥ അതു വിധു അന്യരാജാനലോകാഭവന്തി വിപര്യചുരാതിന്യത അതോ വിദു ആരെങ്കിലും അവിവേകപൂർവം ധരിക്കുകയാണെങ്കിൽ എന്താണ് അന്യരാജാന അന്യരാജാക്കന്മാർ ഉപാസിക്കുകയാണെങ്കിൽ തത്വത്തെ എല്ലാം ഉപാസിക്കുന്നെങ്കിൽ അതാണ് പറയുന്നത് അന്യരാജാക്കന്മാർ എന്ന് പറയുന്നതാണ് അന്യദേവതകളെ ഉപാസിക്കുക അന്യകർമ്മങ്ങളെ അനുഷ്ഠിക്കുക ആണ് പറയുന്നത് അന്യഥാശ്രുതി പറയുക അന്യരാജാനഹ പി തത്വത്തെ അല്ല ഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിലോ തീക്ഷകീയ ലോകാഹഭവതി അവർക്ക് ലോകങ്ങൾ കിട്ടും ഉപാസനയ്ക്ക് ഫലമുണ്ട് രണ്ടർഭോപാസനയ്ക്ക് ഫലമുണ്ട് പ്രണോപാസന അഗ്നി ഉപാസനയ്ക്കൊക്കെ ഫലമുണ്ട് പക്ഷെ ആ ഫലം എന്താണ് ക്ഷയ്യലോകാഹ നശിക്കുന്ന ഫലങ്ങളായിരിക്കും വിപരീയ മറിച്ചാണെങ്കിലോ ആത്മാവിനെയാണ് ഉപാസിക്കുന്നതെങ്കിലോ ആത്മബോധത്തെയാണ് നേടുന്നതെങ്കിലോ അതാണ് വിപരീച്ച സ്വരാട് ഭവതി സർവബന്ധങ്ങളിൽ നിന്നും മുക്തനാകുന്നു സമ്രാട്ട് എന്ന് പറയുന്നവരാണ് സ്വയം ശോഭിക്കുന്നു എന്നാണ് ശോഭിക്കാന്ന് പറഞ്ഞാൽ സർവബന്ധങ്ങളിൽ നിന്നും മുക്തനാകുന്നു അവൻ പരിപൂർണ സ്വതന്ത്രനാകുന്നു അതാ അതിനുവേണ്ടിയതല്ല അവൻ സ്വരാട്ടാവുന്നുതനായിത്തീരുന്നു മുക്തി എന്ന് പറഞ്ഞാലാ ബന്ധനത്തിൽ നിന്നുള്ള മുക്തിയാണ് ഇത്തവണ ബന്ധനം ഒന്ന് തിരിച്ചറിഞ്ഞ ആ ബന്ധനത്തിൽ നിന്ന് മോചിക്കുക ഏതെങ്കിലും ഒരു ബന്ധത്തെ സ്വീകരിക്കുന്നതല്ല മോചനമാണ് സുരാട്തിന്ധനം തസ്കര സീവ തശുഗ്രഹണേ ദസാരദുഃഖപ്രാപ്തിസന്ദ്ര ആ തസ്കരശീവ തപ്തപരശ്യഗ്രഹിണി ബന്ധദാഹാഭാവ സംസാര ദുഃഖ നൂലത്ത് മോക്ഷേരി അതയവ നമ്മഭാവി അദ്വൈതാത്മദർശനം മറ്റുപനിഷത്തുകളുടെയൊക്കെ പറഞ്ഞതുപോലെ ഭാഷകാരൻ ഇവിടെ ആ വിശദീകരിക്കുന്നു